അവൾ അതിനെ പ്രസവിച്ചപ്പോൾ പറഞ്ഞു എന്റെ രക്ഷിതാവേ ഞാനൊരു പെൺകുട്ടിയാണ് പ്രസവിച്ചത് അവൾ പ്രസവിച്ചതിനെക്കുറിച്ച് അല്ലാഹുസുബഹാനഹുവ ചായാല കൂടുതൽ അറിയുന്നവനാണ് ആൺകുട്ടി പെൺകുട്ടിയെപ്പോലെയല്ല ഞാനവൾക്ക് മറിയമെന്ന് പേരിട്ടു അവളെയോ അവളുടെ സന്തതികളെയും ശപിക്കപ്പെട്ട പിശാജിൽ നിന്ന് ഞാൻ അല്ലാഹു സുബഹാനുഹൂവ ചായാലയിൽ അഭയം തേടുന്നു